നാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ചയും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചേരിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു വലിയ പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു നമുക്ക് ദൈവസന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഏകഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് കണ്ണുകളെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ഇങ്ങനെയൊരു സാവകാശമായ സമയം തന്നതോർത്ത് ഞാൻ ദൈവസദ്യതിയിൽ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു നമ്മൾ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിലേക്കാണ് വന്നിരിക്കുന്നത് പതിനാറാമത്തെ അധ്യായത്തിൽ കർത്താവ് പിന്നെയും തെറ്റ പ്രഭാഷണം തുടരുകയാണ് അവിടെ കർത്താവ് ആദ്യം പറഞ്ഞ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം നോക്കുക ലൂക്കോസ് പതിനാറിൻ്റെ പതിനാല് ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു അവരെ പരീശന്മാരെ ദ്രവ്യാഗ്രഹികളാകും ആയിരുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഈ ഉപമ അവരെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല കർത്താവിനെ അവരെ പരിഹസിക്കുകയും കർത്താവിൻ്റെ വാക്കുകളെ തള്ളിക്കളയുകയുമാണ് ചെയ്തത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവർ നമ്മൾ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ കർത്താവ് പറഞ്ഞ ആ ഉപമ നോക്കുന്നതിന് മുമ്പ് ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പലയിടത്ത് കർത്താവ് വളരെ തീഷ്ണതയോടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം എന്ന് മാത്രമല്ല സുവിശേഷ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം പതിനാറ് ശതമാനത്തോളം സുവിശേഷങ്ങൾ സുവിശേഷങ്ങളുടെ പതിനാറ് ശതമാനത്തോളം പണത്തെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ അതിനെ പിന്നെയും വിശകലനം ചെയ്യുമ്പോൾ ആറ് വാക്യങ്ങളിൽ ഒരു വാക്യം പണസ്നേഹത്തിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പണസ്നേഹം എത്രയോ ആ നിലയിൽ കർത്താവ് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് നമുക്ക് കേടുവരുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യം കാണുന്ന ഉപമ അനീതിയുള്ള ഒരു കാര്യവിചാരകനെ ആ കഥയുടെ സാരം നമ്മൾ നോക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു കാര്യവിചാരകന് അവൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ അവന് തനിക്ക് തൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും തന്നെ തന്നെ മറ്റുള്ളവർ തന്നെ അവരുടെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുകയും തന്നെ അവർ കരുതുകയും ചെയ്യത്തക്കവണ്ണം അവന് കയ്യിലുള്ള പണം അവൻ്റെ കാര്യവിചാരകത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അവൻ ബുദ്ധിയോടെ ഉപയോഗിച്ച് തൻ്റെ ഭാവി സുരക്ഷിതമാക്കി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിലവന് വഞ്ചന കാട്ടി എന്നുള്ളത് ശരിയാണെങ്കിലും ഈ ഉപമയിൽ നമുക്കെടുക്കാവുന്ന കാര്യമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവൻ വഞ്ചന കാട്ടിയെങ്കിലും അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തെ തൻ്റെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് അവൻ ഉപയോഗിച്ചു ആ ഒരു കാര്യമാണ് ഈ ഉപമയിൽ നിന്ന് നമുക്ക് പ്രയോജനമായിട്ട് നമുക്കെടുക്കാവുന്നത് അതിൻ്റെ പതിനാറിൻ്റെ ഒൻപതാമത്തെ വാക്യം ആ കാര്യം പറയുന്നുണ്ട് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാക്കും അതായത് ഈ അനീതിയുള്ള പണം കൊണ്ട് നമ്മൾ ഇന്ന് ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നിത്യതക്കായിട്ട് കരുതണം ഈ കാര്യത്തിൽ ആ കാര്യവിചാരൻ കാണിച്ച ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ ഈ കാര്യം നോക്കുമ്പോൾ അവിടെ കർത്താവ് പണത്തിനെതിരെ സംസാരിച്ചു പതിനാറിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാനായിട്ട് കഴിയുകയില്ല രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്തിനേയും കഴിയുകയില്ല അവൻ ഒരുവിനെ പകച്ച് മറ്റൊരുവിനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റവനെ നിരസിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും ഒരേപോലെ ഒന്നിച്ച് സ്നേഹിപ്പാനായിട്ട് കഴിയുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തീമത്തിയോസിലും ഈ രണ്ട് കാര്യങ്ങൾ ദൈവീകമായ കാര്യവും പണസ്നേഹവും പരസ്പര വിരുദ്ധമാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് തീമത്തിയോസ് ആറാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആ വാക്കുകൾ പൗലോസ് തൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് ഇങ്ങനെ എഴുതുന്നു ആറിൻ്റെ പത്താമത്തെ വാക്യം ഒന്ന് തീമത്തിയോസ് ആറിൻ്റെ പത്ത് ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു അടുത്ത വാക്യം നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ലൂക്കോസ് പതിനാറ് പതിമൂന്നിൽ ദൈവത്തെയും മാമോനെയും ഒന്നിച്ചിച്ച് സേവിക്കാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞത് പൗലോസ് തൻ്റെതായ വാക്കുകളിൽ പറഞ്ഞേക്കുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ് അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ അത് വിട്ടോടി അത് വിട്ടോടണം നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടുക കണ്ടോ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പണത്തെ കൈകാര്യം ചെയ്യാതിരിക്കാനായിട്ട് കഴിയില്ല പണം നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ പണസ്നേഹമെന്ന് പറയുന്നത് മാമോനോടുള്ള പ്രിയമെന്ന് പറയുന്നത് ദൈവത്തിന് എതിരാണ് എന്ന വളരെ വ്യക്തതയോടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ സുവിശേഷത്തിൻ്റെ പതിനാറിലൊന്ന് ശതമാന ഭാഗങ്ങൾ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതാണ് സുവിശേഷങ്ങളിലെ ആറ് വാക്യങ്ങളിൽ ഒരു വാക്യം വീതം ഈ പണസ്നേഹത്തിനെതിരെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്ന് നമ്മൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവർ നമ്മൾ ഈ പുതിയ നിയമം നോക്കുമ്പോൾ ഇതുപോലെ തന്നെ പണസ്നേഹം പോലെ തന്നെ ദൈവത്തിന് എതിരാണെന്ന് പറയുന്ന വേറെ ചില കാര്യങ്ങളെക്കുറിച്ചും ലേഖനങ്ങളിലെ പരാമർശമുണ്ട് യാക്കോവിൻ്റെ ലേഖനം നാലാമധ്യായം ആ നിലയിലെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം അവിടെയുണ്ട് നാലിൻ്റെ നാലാമത്തെ വാക്യം വ്യഭിചാരിണികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാകുന്നു അപ്പോൾ ദൈവവും ലോകസ്നേഹവും നേരത്തെ ദൈവവും മാമോനുമായിരുന്നെങ്കിൽ ഇവിടെ ദൈവവും ലോകസ്നേഹവുമാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തെയും സ്നേഹിച്ച് ദൈവത്തെയും കൂടെ സേവിച്ച് നമുക്ക് പോകാനായിട്ട് ഒക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ ലോകം വാക്ക് പല നിലയിലെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യരെ സ്നേഹിക്കരുത് എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് കർത്താവ് തന്നെ പ്രസിദ്ധമായ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ അവൻ ലോകത്തെ സ്നേഹിച്ചു ഈ ലോകമനുഷ്യരെ ദൈവവും സ്നേഹിച്ചു അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിലുള്ള ആ മനുഷ്യരെ സ്നേഹിക്കരുത് എന്നുള്ളതല്ല മറിച്ച് ലോകസ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ ഈ ലോകം പിശാചധിപതിയായി അവനൊരു വ്യവസ്ഥ കൊണ്ടാണ് നിയന്ത്രിക്കുന്നത് ആ ഒരു ലോകവ്യവസ്ഥയെ കഴിവുള്ളവന് മുകളിലേക്ക് വരിക ദൈവത്തിനെതിരായി നിന്ന ആയാലും ലോകത്തിൽ നേട്ടങ്ങൾ കൊയ്യുക ഇങ്ങനെയുള്ള ആ ലോകവ്യവസ്ഥിതിയെ നമ്മൾ എന്തു ചെയ്യരുത് സ്നേഹിക്കരുത് എന്നാണ് അർത്ഥം അല്ലാതെ ലോകത്തിലുള്ള മനുഷ്യരെന്നല്ല ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒന്ന് യോഹന്ന രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യവും നമുക്കറിയാവുന്നതാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല അപ്പം കണ്ടോ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല അതുപോലെ ദൈവസ്നേഹവും ലോകസ്നേഹവും ഒന്നിച്ചു കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് കഴിയില്ല ഇതേ കാര്യം തന്നെ വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് ഗലാത്തീർ കഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പൗലോസ് അവിടെ പറയുക ഗലാത്തീർ ഒന്നിൻ്റെ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കേയില്ല പൗലോസ് ഇവിടെ ഗലാത്തിറൊന്ന് പത്തിൽ എന്താ പറയുന്നത് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കണമെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കരുത് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ക്രിസ്തുവിൻ്റെ ദാസനായിട്ടിരിക്കാനായിട്ട് കഴിയുകയില്ല ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് ലോകസ്നേഹവും ദൈവവും പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞതുപോലെ മാമോനോടുള്ള പ്രിയവും ദൈവവും പരസ്പരവിരുദ്ധമാണെന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള മനുഷ്യരെ ഈ മനുഷ്യരുടെ അംഗീകാരവും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതും മനുഷ്യരിൽ നിന്നുള്ള പുകഴ്ചയും നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയോ ദൈവത്തിൻ്റെ ഒരു ദാസനായിരിക്കാൻ കഴിയുകയോ പറ്റുകയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ബൈബിളിലെ പല ഭാഗങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാത്ത വളരെ ഇന്നത്തെ ലോകവുമായി ബന്ധപ്പെട്ട പണം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അംഗീകാരം ഈ ലോകത്തോടുള്ള പ്രിയം ഇങ്ങനെയുള്ളതിനെ പലപ്പോഴും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയില്ല എന്നാൽ അത് ദൈവത്തോട് എതിരാണ് കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതേ കാര്യം തന്നെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ആയ നാലാമത്തെ വാക്യത്തിൽ ദൈവം എന്തു ചെയ്തു വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ഇതിനെ ഈ നിലയിൽ വേർപിരിച്ചത് ദൈവമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ആ ഖണ്ണിക അവിടെ അവസാനിപ്പിക്കുന്നത് മനുഷ്യരുടെ മുൻപിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ അവിടെ സംക്ഷേപിച്ചിരിക്കുക ഈ ലോകത്തിൻ്റെ മുൻപിൽ ഉന്നതമായ കാര്യങ്ങളുണ്ടാവും അത് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം നമുക്ക് ദൈവം മാത്രമാണോ ഒന്നാമതായിട്ടുള്ളത് അതിനോട് ചേർന്ന് മറ്റു പലതുമുണ്ടെങ്കിൽ വെളിച്ചവും ഇരുളും തമ്മിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ തന്നെ വേർപിരിച്ച ദൈവം അത് രണ്ടും കൂടി ഒന്നിച്ചു പോകാനായിട്ട് ഇഷ്ടപ്പെടുകയില്ല അനുവദിക്കുകയില്ല അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് ലോകസ്നേഹവും മാമോനോടുള്ള സ്നേഹവും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ വ്യക്തമായ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു കാര്യമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിലൂടെ കർത്താവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ അധ്യായം തീരുന്ന വരെയുള്ള വാക്യങ്ങളിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും സംഭവമാണ് കർത്താവ് വിവരിച്ചിരിക്കുന്നത് ഈ കാര്യം വളരെ പ്രശസ്തമായ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവകഥയാണ് ഇത് ഒരു ഉപമയല്ല എന്നാ പറയാറുണ്ട് ഇത് കർത്താവ് പല ഉപമകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു ഉപമയല്ല യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്ന് ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഇവിടെ നോക്കുക പതിനാറിൻ്റെ പത്തൊൻപതിലെ തുടങ്ങുമ്പോൾ ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ധൂമറ വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സൂചിച്ച് കൊണ്ടിരുന്നു ലാസർ എന്ന പേരുള്ള ദരിദ്രൻ അവൻ്റെ പഠിപ്പുരയ്ക്കൽ കിടന്നു എന്ന് പറഞ്ഞ് അല്ലാതെ സാധാരണ ഉപമകൾ പറയുമ്പോൾ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ കിടന്നു എന്നിരിക്കട്ടെ എന്ന് പറയുന്ന ആ പ്രയോഗങ്ങളല്ല ഉള്ളത് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ലാസർ പഠിപ്പുരയ്ക്കൽ കിടന്നു എന്ന കൃത്യതയോടെ പറഞ്ഞാണ് പോകുന്നത് അതുകൊണ്ട് ഇതൊരു ഉപമയല്ല ഒരു യഥാർത്ഥ സംഭവമാണ് എന്ന് വേദപണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പറയുന്നതിന് മറ്റൊരു ന്യായവും ഈ ഉപമയിൽ നിന്ന് പറയുന്നത് ഉപമകളാണെങ്കിൽ ഉപമകളാണെങ്കിൽ ഇതൊരു ഉപമയല്ല ഉപമയായിരുന്നെങ്കിൽ ആളുകളുടെ പേരുകൾ യഥാർത്ഥത്തിൽ പറയുമായിരുന്നില്ല ഇവിടെ എന്തു ചെയ്തിട്ടുണ്ട് ലാസറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ആ ദരിദ്രൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് കേവലം ഒരു ഉപമയല്ല ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്നാണ് പറയാറുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ധനവാൻ ഏത് കർത്താവ് പറഞ്ഞ കഥയാണ് ധനവാൻ്റെ പഠിപ്പുരയ്ക്കൽ ലാസർ കിടന്നു എന്നിട്ട് രണ്ടുപേരും മരിച്ചു അവന് ധനവാന് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിനെ ഇരിക്കുന്നത് കണ്ടു അവനെ അല്പം വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിനെ അയക്കണമേയെന്ന് പറഞ്ഞു അപ്പോൾ അബ്രഹാം അത് സമ്മതിച്ചില്ല അപ്പോൾ ഉടനെ ഈ ധനവാൻ തൻ്റെ ഭൂമിയിലുള്ള തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ഈ ലാസറിനെ അയക്കണം അഞ്ച് സഹോദരന്മാർ എനിക്കുണ്ട് ഇരുപത്തി എട്ടാമത്തെ വാക്യം അവർ ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവരോട് ലാസർ പോയി സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അതിൻ്റെ ഇരുപത്തൊൻപതിൽ പറയുന്നു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ അബ്രഹാം അപ്പോൾ ധനവൻ പറയുന്നു അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സംഭവത അവസാനിപ്പിക്കുന്ന മുപ്പത്തൊന്നിൽ അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് അപേക്ഷ കേൾക്കാതെ അബ്രഹാം അവിടെ ആ ധനവാൻ്റെ അപേക്ഷകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ സംഭവകഥ പെട്ടെന്ന് അപ്രപ്റ്റായിട്ട് അങ്ങ് അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ട ഒരു ഈ കർത്താവ് പറഞ്ഞ ഈ സംഭവകഥ ഇത് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിലേക്ക് വളരെ വെളിച്ചം വീശുന്ന ഒരു കഥയാണ് കാരണം അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒന്ന് ജീവിച്ചിരിക്കുമ്പോഴും മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ഈ ഈ നിലയിൽ യാതനാ സ്ഥലത്ത് പോകാതിരിക്കുള്ളൂ അതിൻ്റെ മുപ്പതാമത്തെ വാക്യം അവിടെ കണ്ടോ അബ്രഹാം പിതാവെയും മരിച്ചവരിൽ നിന്ന് എരി ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും തൻ്റെ ഭൂമിയിലുള്ള സഹോദരന്മാരെക്കുറിച്ചാണ് ധനവാനത് പറയുന്നത് അപ്പോൾ താൻ ഈ യാതനാ സ്ഥലത്ത് വന്നത് മാനസാന്തരപ്പെടാഞ്ഞത് എന്നുള്ളത് അവനവിടെ എടുത്തു പറയുകയാണ് അതുപോലെ ഈ ലാസറ് അബ്രഹാമിൻ്റെ മടിയിൽ പർദീശയിൽ ചെന്നതിന് കാരണം അവൻ മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ ആ കാര്യമാണ് ധനവാനേ ലാസറിനെയും അവരുടെ നിത്യതയെ രണ്ട് വിധത്തിലാക്കിയത് അതാണ് എല്ലാ വ്യത്യാസവും വരുത്തിയത് എന്ന് ഈ സംഭവതയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് തന്നെ പലരും അങ്ങനെ മാനസാന്തരത്തിന് അതാണ് കാര്യങ്ങളെ വ്യത്യാസമാക്കുന്നത് എന്നുള്ളതൂന്നി പറയാറില്ല പല പൗരോഹിത്യ സഭകളും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും അവർക്ക് മരണാനന്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നരകത്തിൽ നിന്ന് പാതാളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒക്കും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ കണ്ടോ അങ്ങനെ ഒരു സാധ്യതയില്ല ജീവിച്ചിരിക്കുമ്പം മാത്രമേ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ ഇല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് പോകും എന്ന വ്യക്തതയോടെ ഈ സംഭവകഥ പറയുന്നു അതുപോലെ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അബ്രഹാം പറയുന്നു ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനിച്ഛിക്കുന്നവർക്ക് കഴിവില്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു പാടില്ല എന്ന് പറഞ്ഞു അപ്പം മരണാനന്തരം ഈ പറഞ്ഞതുപോലെ നരകത്തിനും സ്വർഗത്തിനും ഇടയിൽ പ്രദീസയ്ക്കും ഇടയിൽ ഒരു വലിയ പിളർപ്പുണ്ടെന്നും അവിടെ നിന്നൊരാൾക്ക് നരകത്തിൽ നിന്നൊരാൾക്ക് സ്വർഗത്തിലോട്ടാകട്ടെ സ്വർഗത്തിൽ നിന്നൊരാൾക്ക് നരകത്തിലോട്ടാകട്ടെ മരണാനന്തരം പോകാനായിട്ട് കഴിയില്ലെന്നും വളരെ വ്യക്തതയോടെ ഇവിടെ അബ്രഹാം പറഞ്ഞിരിക്കുകയാണ് ഇന്ന് പല പൗരോഹിത്യപ്പെട്ടത്വ സഭകളും ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് മരിച്ചവരെ അവരെ ബസ് മുറുക്കാനായാലും അവിടെ ഒക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് തീർത്തും വചനവിരുദ്ധമാണെന്ന് ഈ വാക്യങ്ങൾ വളരെ വ്യക്തതയോടെ നമ്മളോട് പറയുന്നു അതുപോലെ തന്നെ ഇവിടെ അബ്രഹാം ഈ ധനവാനോട് പറയുന്നുണ്ടല്ലോ അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു ചിന്ത ഈ മോശയുടെയും പ്രവാചകന്മാരും പറയുന്നതും പറയുന്നതിൻ്റെയും ആകെത്തുക എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കർത്താവിലേക്ക് തന്നെയാണ് വിരളി ചൂണ്ടുന്നത് അല്ലാതെ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞ് പഴയ നിയമത്തിലേക്ക് അവരെ മടക്കി അയക്കുകയല്ല നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ കർത്താവ് എന്തു കർത്താവ് മോശ തുടങ്ങി സകല പ്രവാചകരന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് നമ്മളവിടെ കാണുന്നു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് സകല പ്രവാചകന്മാരിൽ നിന്നും മോശം തുടങ്ങിയ ആളുകളിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നുള്ള തിരുവെഴുത്തുകൾ എടുത്ത് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു അതുപോലെ അതിൻ്റെ നമ്മൾ നാൽപ്പത്തി വാക്യത്തിലും ആ കാര്യം പറയുന്നുണ്ട് പിന്നെ അവനവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് കർത്താവ് പറയുന്ന മോശിയുടെ ന്യപ്രമാണത്തിലും പ്രവാചപുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്നവിടെ നാൽപ്പത്തി നാല് നാൽപ്പത്തി വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇതാണ് അവിടെ എന്താ നമ്മൾ കാണുന്നത് ീ ഇന്ന് ചിലർ പറയാറുണ്ട് പഴയ നിയമ പുസ്തകങ്ങളൊന്നും നമ്മൾ കൂട്ടണ്ട ചിലർ പറയും ബൈബിളിൽ നിന്ന് ആ പഴയ നിയമപുസ്തകങ്ങൾ അങ്ങ് കീറിക്കളഞ്ഞോ പുതിയ നിയമപുസ്തകങ്ങൾ മാത്രം മതി അങ്ങനെയല്ല നമ്മളിവിടെ കാണുന്നത് ഈ മോശയായാലും പ്രവാചകന്മാരായാലും ന്യായപ്രമാണ പുസ്തകങ്ങളായാലും സങ്കീർത്തനങ്ങളായാലും അതെല്ലാം കർത്താവിലേക്ക് തന്നെയാണ് വിരൽ അതുകൊണ്ട് അബ്രഹാം പറയുകയാണ് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ മോശയെയും പ്രവാചകന്മാരെയും വായിച്ചു നോക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും കർത്താവിലേക്കും കർത്താവ് കാൽവെറിക്രൂശിയിൽ നിർവഹിച്ച ആ നിലയിലുള്ള രക്ഷണ പ്രവൃത്തികളിലേക്കും തന്നെ ആൾ വരും എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ് ഈ ധനവാന്റെയും ലാസറിൻ്റെയും കഥ വളരെ പ്രസിദ്ധമായതുകൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എന്താ തുടക്കത്തിൽ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് ഒരു ദിവസം തന്നെ നമ്മുടെ ഏഴ് പ്രാവശ്യം ഒരാൾ തെറ്റ് ചെയ്താലും അയാൾക്ക് ക്ഷമ കൊടുക്കണം എന്നാണ് യേശു ക്രിസ്തു പതിനേഴിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷമിക്കുക മറ്റുള്ളവരോട് ക്ഷമിക്കുക എത്ര പ്രധാനമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പത് പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട് കർത്താവ് ഒരു രൂപമ പറഞ്ഞിട്ട് പറയുന്നു നിങ്ങളെന്ത് വേണോ അതിൻ്റെ പതിനേഴിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നിങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്ത ശേഷം എല്ലാം കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും താഴ്മയിലേക്കും വിരലി ചൂണ്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ കല്പനകളൊക്കെ അനുസരിച്ചത് കൊണ്ട് നമ്മളൊരു അഹങ്കാരത്തിലേക്ക് പോകരുത് എന്നാണ് നമ്മൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ പതിനേഴിൻ്റെ പത്ത് പാഴ് എന്നുള്ളതിന് തുല്യമായ അക്രിയോസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഏറ്റവും എല്ലാം നന്നായി ചെയ്തതിന് ശേഷവും നമ്മളൊരു സ്വയാഭിനന്ദനം കൊണ്ട് നടക്കരുത് ഒരു അഹങ്കാരം കൊണ്ട് നടക്കരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കോരിന്തേർ പതിനഞ്ചിൻ്റെ പത്തിലും നാം ആകുന്നത് കൃപയാൽ ആകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം ദൈവകൃപയാണ് നമുക്കിതൊക്കെ അനുസരിപ്പാനായിട്ടുള്ള അവസരം തന്നത് സകല മാനോ ദൈവത്തിന് അർപ്പിച്ച് താഴ്മയോടെ നമ്മൾ നടക്കുകയാണ് വേണ്ടത് എന്നും ആ പതിനേഴ് പത്ത് ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറവീൻ എന്ന് പറയുന്ന ആ മനോഭാവം നമ്മൾ കൈക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ടു പോകണമെന്ന് ക്ഷമയോട് ചേർത്ത് കർത്താവ് ഈ കാര്യത്തിലേക്കും വിരൽ നമുക്ക് കാണാൻ കഴിയും ലൂക്കോസ് പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതല് കർത്താവ് പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ആ സംഭവമാണ് നമ്മൾ കാണുന്നത് പത്ത് കുഷ്ഠരോഗികളെ കർത്താവിനെ എതിർപ്പെട്ട് യേശുവെ ഞ നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്ക പറഞ്ഞു കർത്താവ് ഉടനെ ഉടനെ അവരോട് മനസ്സലിഞ്ഞെങ്കിലും ഉടനെ അവരുടെ മേൽ കൈവച്ച് പെട്ടെന്ന് അവരെ സൗഖ്യമാക്കി അല്ല ചെയ്യുന്നത് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പീൻ എന്ന് പറഞ്ഞ് അവരെ അയയ്ക്കുന്നു പോകുന്ന വഴിക്കാണ് അവർക്ക് സൗഖ്യം ലഭിക്കുന്നത് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള രോഗികളിൽ പലരെയും അന്നേരം തന്നെ കർത്താവ് ആ നിമിഷത്തിൽ തന്നെ സൗഖ്യമാക്കി എന്നാൽ അങ്ങനെ അല്ലാതെയും ഇത് അവർ ക്രമേണ വന്ന ഒരു സൗഖ്യമാണ് അവരെ എന്തിനാണ് പുരോഹിതന്മാരുടെ അടുത്തേക്ക് അയച്ചത് അവിടുത്തെ രീതി അനുസരിച്ച് കുഷ്ഠരോഗി സൗഖ്യമായാലേ പുരോഹിതൻ അത് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് സമൂഹത്തിലേക്ക് മടങ്ങി വരാനായിട്ട് കഴിയുള്ളൂ നിത്യ ജീവിതത്തിലേക്ക് മടങ്ങി അതുകൊണ്ട് പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞ് കർത്താവ് അയയ്ക്കുന്നു പോകുന്ന വഴിക്ക് അവർക്ക് പത്ത് പേർക്ക് സൗഖ്യമായി എന്നാൽ ആ ഒരാൾ മാത്രം കർത്താവിന് നന്നി പറയാനായിട്ട് മടങ്ങി വന്നു ഉടനെ അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നന്ദി പറയാൻ വന്നവൻ കർത്താവിൻ്റെ കൽക്ക് കവിണു വീണ് അപ്പോൾ കർത്താവ് പറഞ്ഞു പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒൻപത് പേർ എവിടെ ഈ അന്യജാതിക്കാരൻ ഈ ശമരിയക്കാരൻ മാത്രമാണല്ലോ നന്ദി പറയാനായിട്ട് മടങ്ങി വന്നത് പറഞ്ഞിട്ട് കർത്താവ് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ അവനോട് പറയുന്നു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവനെ മടങ്ങി വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞതുകൊണ്ട് ആ ശമര്യക്കാരൻ എന്ത് കിട്ടി അവന് മറ്റും ഒമ്പത് പേർക്കും കിട്ടാത്ത ഒരു കാര്യം കൂടെ കിട്ടി അതെന്താ രക്ഷ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷയുടെ അവനെ കരഗതമാക്കാൻ പറ്റി മറ്റേ ഒൻപത് പേർക്കും അവർ കിട്ടിയ ശാരീരിക സൗഖ്യം മാത്രം ലഭിച്ചു പുരോഹിതൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ തീർത്തി വെച്ച് പോയി ഇവൻ ശമരിയക്കാരന് അങ്ങനെ പുരോഹിതനും ഒന്നുമില്ല അവന് സൗഖ്യമായപ്പോൾ അവനുടനെ തന്നെ നന്ദി പറയാനായിട്ട് മടങ്ങി വന്നു അതിൻ്റെ ഫലമായിട്ട് അവന് രക്ഷയും ലഭിച്ചു കണ്ടോ അപ്പോൾ നമ്മൾ നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അതിനെ തുടർന്ന് മറ്റൊരു കാര്യം കൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നമുക്ക് ലഭിച്ചതിന് നന്ദി കരയറ്റുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കൂടുതൽ ലഭിക്കും എന്നൊരു കാര്യം നമുക്കവിടെ നിന്നെടുക്കാം ഇവിടെ ഇതാ ഇവന് വന്നിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് നന്ദി പറയുന്നു നന്ദി പറയുമ്പോൾ അവിടെ അതിനെ തുടർന്ന് അവന് രക്ഷയും ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു രക്ഷയെക്കുറിച്ച് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ ഇവൻ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണ് കർത്താവിനെ ആ നിലയിൽ കർത്താവായിട്ട് ലോഡായിട്ട് അവൻ അംഗീകരിക്കുന്നു മറ്റുള്ളവരോ മറ്റുള്ളവർ യേശു പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവർ മടങ്ങി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നില്ല കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം തുടക്കം മുതൽ തന്നെ നമ്മൾ ഒരു കർത്താവിന് നമ്മൾ രാജാവായിട്ട് അംഗീകരിച്ച് കർത്താവായിട്ട് അംഗീകരിച്ച് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താലേ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ ആ നേട്ടങ്ങൾ നമുക്ക് കൈയടക്കാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സ്നേഹബന്ധമായിട്ടോ ഒരു പ്രിയൻ പ്രിയ എന്നുള്ള നിലയിൽ ഒരു മണവാളൻ മണവാട്ടി ആ നിലയിലുള്ള ബന്ധത്തിലോട്ടോ ഒക്കെ പോകുന്നതിന് മുമ്പ് ഒന്നാമത് വേണ്ടത് അവൻ്റെ മുമ്പാകെ അവനാണ് സകലത്തിനും കർത്താവ് അവനാണ് രാജാവ് എന്നുള്ള ഒരു അംഗീകാരത്തിലാണ് അതിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ ശമരിയക്കാരന് രക്ഷ ലഭിച്ചു അവന് വീണ്ടും കർത്താവിൻ്റെ പാദത്തിൽ വന്ന് വീണ് കർത്താവിനെ കർത്താവെന്ന് അംഗീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു വന്നത് നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ഒരു ഭാര്യാ ഭർതൃ ബന്ധം പോലെ ഒരു സ്നേഹബന്ധം പോലെ ആയിത്തീരണം പക്ഷെ അത് പെട്ടെന്നങ്ങനെ ഉണ്ടാകുകയില്ല അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നമ്മളവനെ കർത്താവായിട്ട് അംഗീകരിച്ചാലേ തുടർന്ന് ഒരു കാന്തൻ കാന്ത എന്നുള്ള നിലയിൽ മണവാളൻ മണവാട്ടി എന്നുള്ള നിലയിൽ ഒരു സ്നേഹബന്ധമായിട്ട് അത് പരിണമിക്കയുള്ളു ഉത്തമഗീതം ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഉത്തമഗീതം ത്തിൽ അവള് കാന്ത കാന്തനെ പ്രിയൻ എൻ്റെ പ്രിയൻ എൻ്റെ പ്രാണപ്രിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ എന്നാൽ അവൾ ആദ്യം അങ്ങനെയല്ല വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉത്തമഗീതം ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ആദ്യം അവൾ കാന്ത കാന്തനെ വിളിക്കുന്നത് രാജാവ് എന്നാണ് കിങ് അല്ലെങ്കിൽ ലോഡ് കർത്താവ് എന്നാണ് അപ്പോൾ ഒന്നാമത് അവൾ അവനെ കർത്താവായിട്ട് രാജാവായിട്ട് അംഗീകരിച്ചു തുടർന്നാണ് എന്ത് കാണുന്നത് ആ ഉത്തമഗീതത്തിൽ എൻ്റെ പ്രിയൻ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഉത്തമഗീതം രണ്ടിൻ്റെ പതിനാറിൽ നമ്മൾ കാണുന്നു എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്നാൽ ഉത്തമഗീതം ആറിൻ്റെ മൂന്നിലേക്ക് വരുമ്പോൾ ഞാൻ പ്രിയനുള്ളവ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് തിരിച്ചിടുന്നു കണ്ടു അത് സ്നേഹബന്ധത്തിലുള്ള ഒരു വളർച്ചയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പറയാം ഉത്തമഗീതം ഒന്നിൻ്റെ നാലിൽ അവൾ അവ കാന്തനെ രാജാവ് കർത്താവ് എന്നംഗീകരിക്കുന്നു തുടർന്ന് ഒരു രണ്ടിൻ്റെ പതിനാറിൽ വരുമ്പോൾ ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു പക്ഷേ അപ്പോഴും അവൾ പറയുന്നത് എന്താ പ്രിയൻ എനിക്കുള്ളവൻ എനിക്കുള്ളവൻ എന്നാണ് പറയുന്നത് എന്നാൽ ഉത്തമഗീതം ആറിൻ്റെ മൂന്നിലേക്ക് വരുമ്പോഴോ അത് നേരെ തിരിഞ്ഞു ഞാൻ പ്രിയനുള്ളവൻ പിന്നീടാണ് പ്രിയൻ എനിക്കുള്ളവൻ എന്ന ഉത്തമഗീതം ആറിൻ്റെ മൂന്നിൽ അവൾ പറയുന്നത് പ്രിയപ്പെട്ടവർ സ്നേഹബന്ധത്തിലുള്ള വളർച്ചയാണ് നമ്മൾ ഉത്തമഗീതം രണ്ടിൻ്റെ പതിനാറിലും ആറിൻ്റെ മൂന്നിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് പക്ഷേ ആ സ്നേഹബന്ധത്തിലേക്ക് കർത്താവുമായിട്ട് വരുന്നതിന് മുമ്പ് ഒന്നാമത് ഉത്തമഗീതം ഒന്നിൻ്റെ നാലിൽ ആ കാന്ത ചെയ്തതുപോലെ നമ്മൾ നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് ജീവിതത്തിൻ്റെ കർത്തൃത്വം അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിട്ട് നമ്മളായിരിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്ന് തോന്നുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി നമ്മൾ അവിടെ തുടർന്ന് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ പരവിനെക്കുറിച്ചാണ് പറയുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും അതിനൊരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത് നമ്മളിന്ന് കടന്നു പോകുന്ന ആ കാലഘട്ടവും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള മുന്നറിയിപ്പാണല്ലോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ നോക്കുമ്പോൾ അവിടെ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യത്രൻ പെട്ടെന്ന് വരുമ്പോൾ അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് അവണ്ണം വയലിലിരിക്കുന്നവനും പിന്നാക്കാൻ തിരിയരുത് അപ്പോൾ കണ്ടോ അന്നേരം നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് പോകരുത് ഒരുങ്ങിയിരിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് നമ്മൾ പരദേശിമോക്ഷയാത്ര ജോൺ ബനിയൻ്റെ പ്രശസ്തമായ പുസ്തകം പരദേശി മോക്ഷയാത്ര നമ്മൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാനി എന്താ പറയുന്നത് മറ്റെല്ലാം മറന്ന് ജീവനെ ജീവനെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ തൻ്റെ കൈകൊണ്ട് ചെവി പുത്തിക്കൊണ്ട് പുറകിൽ നിന്ന് വിളിക്കുന്ന വിളികളെയൊക്കെ കേൾക്കാതെ ചെവി പൊത്തിക്കൊണ്ട് ജീവനെ എൻ്റെ ജീവനെ എന്ന് പറഞ്ഞ് മുന്നോട്ട് ഓടുന്നതായിട്ടാണ് പരദേശി മോക്ഷയാത്രയിൽ ജോൺ ബനിയൻ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇതാ പറയുന്നു അന്നേരം പുറകോട്ട് തിരിഞ്ഞ് പോകരുത് വീട്ടിനകത്തേക്ക് ഇറങ്ങി പോകരുത് വയലിലിരിക്കുന്നവൻ പിന്നാക്കാൻ തിരിയരുത് മുന്നോട്ടു തന്നെ മുന്നോട്ടു തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ അങ്ങനെ പോയാലേ കർത്താവ് വരുമ്പോൾ നമ്മൾ ആ മനോഭാവത്തോടെ നമുക്കിരിക്കാനായിട്ട് കഴിയുള്ളു എന്നുള്ള കാര്യം ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം എന്ന് തോന്നുന്നു പ്രിയപ്പെട്ടവർ അവിടെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊൾവിൻ ഒരു ആ നിലയിൽ പിന്നോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു മുന്നറിയിപ്പായിട്ട് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊൾവീൻ എന്ന് പറയുന്നു ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത് അവൾ സോതോമിൽ നിന്ന് അവൾ പുറപ്പെട്ടു ലോത്തിൻ്റെ ഭാര്യ സോതോമിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ അവളിൽ നിന്ന് സോദോം പുറപ്പെട്ടു പോയിരുന്നില്ല ഒരു ദൈവൃത്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താ അവൾ സോതോമിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ അവളുടെ ഉള്ളിലെ സ്വതോം ഉണ്ടായിരുന്നു ആ സ്വോദവും അവളിൽ നിന്ന് പുറപ്പെട്ടു പോയിരുന്നില്ല അതുകൊണ്ടാണ് അവളെ ഉപ്പുതൂണായി തീർന്നത് പിന്നാക്കം തിരിഞ്ഞു നോക്കിയത് നമ്മളും കർത്താവിൻ്റെ നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമാകുന്നത് അവിടെ ആ സമയത്തെന്താ രണ്ടുപേർ മുപ്പത്തിനാലാം വാക്യം രണ്ട് പേർ ഒരു കിടക്കമേലായിരിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു നമുക്കറിയാം ലോകത്ത് കർത്താവിൻ്റെ വരവ് വരുമ്പോൾ ചിലയിടത്ത് പകലായിരിക്കുമ്പോൾ ചിലടത്ത് രാത്രിയാണ് ആ കാര്യമാണ് മുപ്പത്തിനാലും മുപ്പത്തഞ്ചും വ്യക്തമാക്കുന്നത് രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും അപ്പോൾ അവിടെ രാത്രിയാണ് എന്നാൽ ഭൂമിയുടെ മറുവശത്തെന്താ രണ്ടുപേർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഒരുത്തേ കൈക്കൊള്ളും മറ്റുള്ള ഉപേക്ഷിക്കും കണ്ടോ ഭൂമി ഉരുണ്ടതാണെന്നു ഒക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രം മനസ്സിലാക്കിയത് പക്ഷേ ഇവിടെ ഇതാ സുവിശേഷങ്ങളിൽ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരിടത്ത് രാത്രിയായിരിക്കും മറ്റടത്ത് പകലായിരിക്കും എന്നുള്ളത് വ്യക്തമാകുന്നു അതുപോലെ തന്നെ അതിൻ്റെ മുപ്പത്തി വാക്യം തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും എന്ന് പറയുന്ന ആ വാക്യം എന്താ തൻ്റെ സ്വജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം നിത്യജീവനെ കളയും അതുപോലെ തൻ്റെ സ്വന്ത ജീവനെ കളയുന്നവനെല്ലാം നിത്യജീവനെ രക്ഷിക്കും എന്ന് വേണം നമ്മൾ അതിനെടുക്കാൻ ഞാൻ ഒന്നുകൂടെ പറയാം തൻ്റെ സ്വന്തം ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം നിത്യജീവനെ കളയും അതുപോലെ സ്വന്ത ജീവനെ കളയുന്നവനെല്ലാം നിത്യജീവനെ നേടും മുപ്പത്തിമൂന്നാമത്തെ വാക്യം പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ജീവനെ കണ്ട് ഉപേക്ഷിക്കുന്നവരായിട്ടും നിത്യജീവനെ മുറുക പിടിക്കുന്നവരായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ